ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മൂല ഹിന്ദി കഥ പ്രഭാത് സിംഗ് പാലി റേഡിയോ നാടകരൂപം വിനോദ് കുമാർ മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ രാജഗോപാലൻ കാരപ്പറ്റ അബ്ദുള്ള നന്മണ്ട നീരജ ജോൺ പി വിജയലക്ഷ്മി ഉഷ നാരായണൻ ഇ കെ ശീതൽ രാജ് വി ബിനു വെള്ളന്നൂർ ശ്രീപ്രസാദ് തൃക്കുറ്റിശ്ശേരി എം പ്രേമകുമാരി കാഞ്ചന ശ്രീവല്ലി ഗണേഷ് അഞ്ജു എസ് ഇൻഷാസിയ ഒപ്പം നിലയാംഗങ്ങളും സിന്ദൂരം is pehle mar jayega oh chinta karke first ball on the match hurry from the pavilion and come on fast ball green and keep on down the center and then jump in െന്താ ഇങ്ങനെ രാവിലെ തൊട്ട് ഒന്നിനും ഒരു ഉന്മേഷ്യസാനിക്കാൻ പോകുന്ന പോലെ എല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ ഇങ്ങനെ ഇങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലാലോ ശോഭയും വന്നിട്ടുണ്ട് മക്കളെയും കൊണ്ട് അവള് കരുതുന്നുണ്ടാവും എന്താ ഇങ്ങനെ മുഖവും ഏർപ്പിച്ചു കിടക്കുന്നതെന്ന് ഇന്ന് നന്മയോടും ഒന്നും സംസാരിക്കാൻ തോന്നണില്ല െന്തു പറ്റിന്ന് അവളും ചെലപ്പം ചിന്തിക്കുന്നുണ്ടാവും ദിവസവും രാവിലെ അഞ്ചുമണിക്ക് എണ്ണീറ്റാല് രാത്രി പതിനൊന്ന് മണിയാവുന്നത് അറിയാറിയ ശരീരത്തിനും വല്ലാത്തൊരു തളർച്ച എന്താ പറ്റിയതെനിക്ക് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോയത് ഞാൻ ഈ വീട്ടില് വന്നിട്ട് അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു whales relames, iTw子, û, I love it quickly брya ITж Sowel a Enough Trustee Come its Ms. Tungesbane Video Bonit Not lets hope you do this like this <laughs> in <laughs> thestatum member? വരണതങ്ങോട്ട് വാങ്ങിക്കോളൂ ആ കെട്ടിക്കോളും കെട്ടിക്കോളൂ കഴിഞ്ഞില്ല ആ കൊളത്തൊക്കെ ശരിക്കും ആ മാല എടുക്കാ വധുവിൻ്റെ അച്ഛൻ ആ മാല എടുത്തിട്ടങ്ങോട്ട് കൊടുക്കാൻ മാൾക്ക് ഇട്ടോളൂ ആ ഇനി വരൻ്റെ അച്ഛൻ മാല എടുത്ത് അങ്ങോട്ട് മകന് കൊടുക്കൂ ആ അങ്ങോട്ട് ഇട്ടോളൂ ആ പുടവേട പൊടവ പുടവെടുക്കൂ പൊടവ പൊടവ ആ അങ്ങോട്ടോ ആ ആ അത് വാങ്ങി വാങ്ങിക്കോളൂ വധുവിനായിട്ട് കൊടുത്തോളൂ ഓ കഴിഞ്ഞില്ലേ ആ ഇനി വധുവിൻ്റെ അച്ഛൻ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുക ആ ഇനി രണ്ടുപേരും കൂടെ കൈ പിടിച്ചിട്ട് ഒരു മൂന്ന് വട്ടം ആ കതിർമാണ്ടപത്തിനങ്ങൾ പ്രദക്ഷിണം വയ്ക്കുക ആ ഒന്ന് ഒന്ന് അങ്ങോട്ട് നീക്കി കൊടുക്കുമോ ഒന്ന് അങ്ങോട്ട് നീങ്ങിക്കോളൂ എന്താണ് അവർക്ക് ആ വഴിയാണ്ട് വിട്ടുകൊടുക്കുമോ ആ വിളക്ക് വിളക്ക് ശ്രദ്ധിക്കണേ അതിലേ അങ്ങോട്ട് പോന്നോളൂ അങ്ങോട്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ മൂന്ന് വട്ടോ എണീക്കോളൂ ഒന്ന് ഒന്ന് ആ ഇനി പോയിക്കോളൂ പോയിക്കോളൂ ആ നടന്നോളാം നടന്നോളൂ ദൈവം അനുഗ്രഹിച്ച് എന്റെ മോക്ക് നല്ലതേ വരൂ അപ്പം പറഞ്ഞു തന്നതൊന്നും മറക്കരുത് കിട്ടോ ഇനി മുതൽ നീ പോകുന്ന വീടാണ് നിന്റെ വീട് നിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ആണിനി നിന്റെ അച്ഛനും അമ്മയും അവരെ അങ്ങനെ തന്നെ കരുതണം എല്ലാ സുഖദുഃഖങ്ങളിലും നിനക്ക് തുണയാകേണ്ടവനാണ് നിന്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നതോടെ ഒരു പെൺകുട്ടിയുടെ എല്ലാമെല്ലാം പിന്നെ ആ വീടാണ് ഇതെല്ലാം അമ്മ പറഞ്ഞു തന്നതാണ് മോളും മറക്കാതിരിക്കാനാണ് അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ന് തൊട്ട് നമ്മുടെ വീടിനെ പോലെ തന്നെ കമലൻറെ വീടിന്റെ സൽപ്പേരും അന്തസ്സുമൊക്കെ നിന്റെ കൈകളിലാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് അതിനൊരു കളങ്കും വരാൻ ഇടയാക്കരുത് കേട്ടോ മോളെ ശരി മോളെ വണ്ടിയിൽ കയറിക്കോ എല്ലാരും കയറി ലേറ്റാക്കണ്ട എന്നാ ഞങ്ങളട്ട് ശരി വണ്ടിക്ക് സമയമുണ്ട് പതുക്കെ പോയാൽ മതി ഓഹോ അലിഗഡ് വഴി ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ബ്രഹ്മപുത്ര മെയിൽ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു യെസ് അറ്റൻഷൻ പ്ലീസ് ട്രെയിൻ നമ്പർ വൺ ഫോർ സീറോ ഫൈവ് ഫൈവ് ബ്രഹ്മപുത്ര മെയിൽ ഫ്രം ഗുവാഹാറ്റി ടു ന്യൂഡൽഹി വയാ അലഹബാദ് ആൻഡ് അലിഗഡ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ ടു ടുത്തോട്ടോ എല്ലാം എടുക്ക എന്നി നോക്കണേ പാളകങ്ങങ്ങോട്ട് പോല മോനെ ഇങ്ങോട്ട് ആയില്ല കുട്ടി എടുക്കൂ കേട്ടോ ഞാൻ പറയാം ഇങ്ങോട്ട് കറിക്കല്ലേ ചെറിയ ബാഗ് എടുക്കണ്ടേ ചെറിയ ബാഗ് എടുക്കണ്ടേ അപ്പോ വേഗം പരിവറി ചിയച്ചാ മതി ഉണങ്ങിക്കോ പാപ്പി പാപ്പി പാപ്പി പാപ്പി പാപ്പി പാപ്പി പാപ്പി പാപ്പി ശോഭ ചേച്ചിയുടെ കൈ പിടിച്ചോ പട്ടുസാരി ഒക്കെ ചുറ്റി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ചേച്ചിയുടെ കാര്യം ഞാൻ ചേച്ചോ നമ്മുടെ നോക്കട്ടെ ഇത് എസ് ത്രീ മൂന്നാമത്തെ ഭോഗി എ പിന്നെ എസ് ആ വന്നാട്ടെ വന്നാട്ടെ സൂക്ഷിക്കണേ മോളെ ഓടാ സമയ ഞാനേ മാമന്റീം നിർമ്മല കുട്ടി വെറുതെ വാശി പിടിക്കരുത് മോളെ അച്ചാച്ച കൂടെ ഇരുന്നാ മതി നല്ല കുട്ടിയല്ലേ വേണ്ട എനിക്ക് മാമേന്റെ കൂടെ തന്നെ ഇരിക്കണം വീട്ടിലെത്തിട്ടെ മോളെ മാമിയുടെ ദേഹത്ത് വെച്ച് കെട്ടിത്തരാം പിന്നെ മാമിയെവിടൊക്കെ പോവോ അവിടെ ഒക്കെ നെമ്മിക്കുട്ടിയും പോവും എന്താ അതുപോലെ ഹലോ മിസ്റ്റർ കമൽ ഏട്ടോ കൊച്ചേട്ടോ ഒന്ന് ഇന്ന് എന്താ നല്ല കക്ഷിയാ കല്യാണം കഴിഞ്ഞ എങ്ങനെയാ വേണ്ടേ േ നടന്നോളുണ്ടോ കണ്ടോ ഇവിടെ ഒരാൾക്ക് കൈ പിടിച്ച് നടക്കാൻ എന്താ പോടാ പോടാ ഇത് തന്നെ നമ്മുടെ കോച്ച് രജനി സൂക്ഷിക്കണേ തടഞ്ഞു വീഴണ്ട ഇല്ല എല്ലാരും ഇങ്ങോട്ട് വരൂത് തൊട്ട് മുപ്പത്തി എട്ട് വരെ നമ്മടെയാ നമ്പർ ഒന്നും നോക്കണ്ട എവിടെ വേണമെങ്കിലും ഇരുന്നോ കമൽ നീയും രജനിയും ഇതാ ഈ വെറുത്തുകൾ എടുത്തോ ജനലിനടുത്ത് ബാത്റൂമിൽ പോകാനും അധികം നടക്കണ്ട ശരി ഓ ചിരിച്ചോ ചിരിച്ചോ കൊച്ചേട്ട കാര്യ പോകിയാ മോള് പറഞ്ഞത് കേട്ടല്ല ഒന്ന് മെല്ലെ പറയടി അച്ഛൻ കേ ഞാനത് കണ്ടില്ല ഏതെങ്കിലും ശോഭ നിന്റെ കൊച്ചേട്ടന് ഇപ്പൊ നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല നോക്ക എന്താ ഉഷാറ് ഷട്ടർ വെക്കണ് പുഷ്യൻ താഴ്ത്തിയിടണ് ബെർത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നു നമുക്ക് ബെർത്ത് കിട്ടിയോ എവിടെയായിരിക്കണേ ഒരു ചോദ്യവും ഇല്ല ഒന്ന് വിടടാ കൊറേ നേരായി നീ നനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നാട്ടിൽ ചെല്ലട്ടെ ശരി ശരി വിട്ടേക്ക് ഇനി ആരും കൊച്ചേട്ടനെ ഉപദ്രവിക്കരുത് അവര് അതിന് പെങ്ങളെ രാത്രി മുഴുവൻ ബാക്കി കിടക്കല്ലേ ഇങ്ങനെ കൂട്ടുകാരൊക്കെ മറന്ന് പെരുമാറണോ അത്രയല്ലേ ഈ പാവം ഞാൻ ചോദിച്ചുള്ളൂ അതിനാണ് അതിനാണ് ഭീഷണി ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ രജനി ഉറക്കം വരുന്നില്ലേ എല്ലാരും നല്ല ഉറക്കായി ഉറങ്ങിക്കോളൂ അലികടെന്നു തോന്നുന്നു രജനിക്ക് ചായ വേണോ വേണ്ട വേണമെങ്കിൽ കുടിച്ചോട് കൂട്ടോ എനിക്ക് വേണ്ട ുട്ടി തന്നെ ഏ കല്യാണപ്പണ്ണിന്റെ വേഷത്തില് പട്ടുസാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂ ചോടി നെറ്റിയില് സിന്ധൂരാണിഞ്ഞിങ്ങനെ കാണുമ്പോ എന്തൊരു ഭംഗി വാസ്തവം പറഞ്ഞു എന്തെങ്കിലും പറയുന്നേ എന്താ പറയണ്ടേ രജനിക്ക് അമ്മയും അച്ഛനെ ഓർമ്മ വരുന്നുണ്ടോ രജനിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എല്ലാം പുതിയ അനുഭവങ്ങളാണ് പുതിയ വീട് പുതിയ ബന്ധുക്കൾ കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ പക്ഷേ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അച്ഛൻ വളരെ നല്ല മനുഷ്യരാണ് ഏട്ടൻ പങ്കാണെങ്കിൽ അച്ഛൻ്റെ തനിപ്പകർപ്പെന്ന എല്ലാരും പറയാ അതേ സ്വഭാവം ഏടത്തി അമ്മ നീരജിയായിട്ട് ഒത്തുപോകാൻ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അമ്മയാണെങ്കിൽ നിന്നെ സ്വന്തം മോളെ പോലെ പോലെയല്ല സ്വന്തം മോളായിട്ട് തന്നെ കൊണ്ടു നടക്കും പിന്നെ ശോഭ കാന്താരി മുളക് വേറൊരു കുറെ ഒച്ചയും ബഹളവും മഹാപാവ നിന്നെ ഏടത്തിയമ്മയായിട്ടല്ല സ്വന്തം ചേച്ചിയായിട്ട് എന്നെ കരുതും ഉറപ്പാ പിന്നെയുള്ളത് നിർമ്മല നിമ്മിക്കുട്ടി ഏട്ടന്റെ മോള് അവള് മാത്രായിരിക്കും നിനക്കൊരു പ്രശ്നം അവളെ വിടില്ല ചീർപ്പ് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തു ഓടി വരും ആ മുടി എങ്ങനെയൊക്കെ ചീകി കെട്ടിക്കൊടുത്താലും തൃപ്തിയാവില്ല ദിവസത്തിൽ ഒരമ്പത് പ്രാവശ്യമെങ്കിലും ഹെയർ സ്റ്റൈൽ മാറ്റണം അപ്പോഴൊക്കെ മേക്കപ്പും വേണം വിടാതെ കൂടെ ഉണ്ടാവപ്പോഴും ആ മാമി നിമിക്കുട്ടി എല്ലാരുടെയും ചക്ര കുട്ടിയാണല്ലേ എനിക്കിഷ്ടാ കുട്ടികളെ കുട്ടികളെ മാത്രല്ല പറഞ്ഞത് കേട്ടപ്പോ എല്ലാരും നല്ലവരാണെന്ന് തോന്നണം എന്റെ ഭാഗ്യം എന്താ ഒരു ആലോചന എനിക്കറിയാം എന്താ ചിന്തിക്കണേന്ന് എന്നാ പറയൂ ഇതൊക്കെ തന്നെ രജനി വീട്ടിലെല്ലാവരും ഞാൻ ഉൾപ്പെടെ നിന്നെ സ്നേഹത്തോടെ കരുതലോടെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കും ഞാൻ ഉറപ്പുതരുന്നു ഒരുപാട് ഉപദേശങ്ങൾ നിനക്ക് കിട്ടിയിരിക്കില്ലേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ എല്ലാം ഷെയർ ചെയ്യണം എല്ലാം വേണ്ടതല്ലേ നല്ല കാര്യങ്ങളല്ലേ അതെന്താ സംശയം ജി എന്താണ് സത്യം ചെയ്യേണ്ടത് വേണ്ട ഏട്ടൻ പറയണ്ട ഞാൻ പറയാം ഏട്ടനാണ് കുടുംബം എന്റെയും സ്വന്തം കുടുംബമാണ് എന്നാൽ ഞാൻ പറയുന്നതിലല്ലോ ഏട്ടാ പ്രവർത്തിക്കുന്നതിലല്ലേ സുഖത്തിലായാലും എന്നും ഈ രജനി ഏട്ടനൊപ്പമുണ്ടാവും ഒരു പരാതിയില്ലാതെ ഒരിക്കലും എന്റെ ഏട്ടനെ മറന്ന് ഞാനൊന്നും ചെയ്യില്ല ഒരിക്കലും ഇത് രജനിയുടെ വാക്ക് ഇനിയായിട്ട് ഞാനിപ്പോ എന്താ പറയാ ഇല്ല രജനി ഒരിക്കലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നിന്നെ സങ്കടപ്പെടുത്തില്ല നിന്നെ ഉപേക്ഷിച്ച് പോവില്ല സത്യം ഇത് സത്യം സത്യം സത്യം കേരള <laughs> അയ്യോ അയ്യോ അമ്മേ അയ്യോ അമ്മേ കരയണ്ട കരയണ്ട ഞാൻ ഡോക്ടറാണ് അയ്യോ എനിക്ക് വൈകിയ ഡോക്ടറെ എന്റെ അമ്മോ എനിക്ക് വൈകോ അയ്യോ എന്റെ അമ്മേ അയ്യോ അയ്യോ അയ്യോ എന്റെ കാല എവിടെ കാലവിടെ കാലില്ല അയ്യോ ഡോക്ടറെ നീ എനിക്ക് കാലില്ല അവിടെ ഒരാളുണ്ട് പിടിച്ചിട്ട് മിണ്ടെന്നില്ല ബോധമില്ലാതെ തോന്നുന്നു പ്ലീസ് ഒന്ന് നോക്കൂ എവിടെ ർക്കും പക്ഷെ ഇനിയും ഉണ്ടല്ലോ പേര് നമ്മുടെ ഒന്ന് പോയി നോക്ക് ബാക്കിയുള്ള സ്ഥിതി എന്തായി നോക്ക് ചെല്ലും പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് പറ്റിയത് അയ്യോ ഈശ്വര ആർക്കും ഒന്നും പറ്റില്ല ുള്ളിൽ അകപ്പെട്ടവരെ എങ്ങനെങ്കിലും പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള് കുറെ പേര് ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട് ചിലരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചിലർ ഒരു നിങ്ങൾ പറഞ്ഞ കല്യാണപ്പെട്ടും ചെക്കനും അകത്തുണ്ടാവും ഒന്നും സംഭവിച്ചിരിക്കില്ല ധൈര്യമായിട്ടിരിക്കൂ യ്യോ ഒന്ന് കണ്ടുപിടിച്ച് ചേട്ടാ ചേട്ടാ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു അതാ അതാ അവിടെ ആ കല്ലുമണി ഇരുന്ന് കരയുന്നുണ്ട് ആള് കല്യാണ വേഷത്തിലാണ് കണ്ടപ്പോഴും കണ്ടപ്പോഴും ഞാൻ ഓണി വന്നതാ അതാ നേരെ പോയാ മതി അവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട് കാണാം ഒന്ന് തിരഞ്ഞു നോക്കച്ച എനിക്ക് ദൈവത്തെ കാണണം ഇപ്പോ തന്നെ കാണണം അച്ഛാ please അച്ഛാ കടലേ പോരെ പോളി കടലേ അച്ഛാ അച്ഛൻનો કપ বাঙ্গাজে 뭘 നോলা てる यार മുണ്ട കാണണില്ലന്നോ അച്ഛാ 얘വിടെ അച്ഛ앤데 எங்க بچہ앤데 ഒന്നും പറ്റിയിട്ടില്ല വണ്ടിയുടെ ഉള്ളിൽ ആൾക്കാർ അവരെ പുറത്തെത്തിച്ചോണ്ടിരിക്കുക ചിലപ്പോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടോള ഞാനിവിടെ തന്നിരിക്കാം ചിലപ്പോ ഏട്ടന് മുറിവെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നെ തെരഞ്ഞെടു നടക്കുന്നുണ്ടോ ഇവിടെ കൊറച്ചു വിളിച്ചുണ്ടല്ലോ പെട്ടെന്ന് അച്ഛൻ പോയി നോക്കൂ ഞാനിവിടെ ഇരിക്കാം ഞാനിവിടെ ഇരുന്നാട പങ്കെത്തി പോയിട്ടുണ്ട് മോളെ അവൻ പല വിഭവമായിട്ട് വരും കണ്ടിരിക്കൂല ശോഭയുടെ അടുത്ത് പോയിരിക്കും അവനൊക്കെ അവരുണ്ട് എന്തെങ്കിലും പറഞ്ഞു ആശ്വസിപ്പിക്ക ുംരേ കമ്പാർട്ട്മെന്റിൽ അടുത്തിരിക്കുന്നല്ലോ എനിക്ക് എനിക്ക് ഒന്നും പറ്റിയില്ല പക്ഷെ കൊച്ചാ പറയൂ ും പറയണില്ലല്ലോ അച്ഛ ഒന്നിങ്ങോട്ട് വരും ഒന്നിങ്ങോട്ട് ഓടി വരും ശ്രദ്ധിച്ചോളെ വരും അവിടെ എന്താ മോനെ എന്താ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ആള് കല്യാണ വേഷത്തിലാണ് കമൽ കമൽ കമൽ കമൽ എന്റെ പൊന്നനിയ നിനക്കൊന്നുമില്ലടാ കണ്ണു തുറക്കടാ നിന്റെ ഏറ്ററാടാ വിളിക്കുന്നത് െട്ട വീണ പോണല്ലോ പിടിക്കലതിറക്കം മനസ്സിലാക്കുന്നു പിടിക്കും പിടിക്ക ോട് കണ്ടോ ഓക്കെ ആകാശവാണി പ്രത്യേക വാർത്താ ബുള ബ്രഹ്മപുത്രാമയിൽ പാളം തെറ്റി മരണസംഖ്യ നൂറ് കവിഞ്ഞെന്ന് പ്രാഥമിക റിപ്പോർട്ട് അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷന് സർക്കാർ ഉത്തരവ് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പത്തിയഞ്ചിന് നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ബ്രഹ്മപുത്രാമയിൽ അലിഗഡിനടുത്ത് വച്ച് പാളം തെറ്റുകയാണുണ്ടായത് മുൻവശത്തെ മൂന്ന് ബോഗികളും നിശേഷം തകർന്നു മരണസംഖ്യ ഇനിയും സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു ഡൽഹിയിലേക്ക് പോകുന്ന ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട വരൻ ഉൾപ്പെടെയുള്ള മരിച്ചവരിൽപ്പെടുന്നു പരിക്കുപറ്റിയവരെ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ തുടർ സമീപത്തെ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുന്നു റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡോക്ടർമാർ എന്നിവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകി അട്ടിമറിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കജ് നീ രജനിയുടെ വീട്ടിലേക്കൊന്ന് വിളിക്കുക അച്ഛ അത് ഞാൻ എനിക്കത് പറയാൻ വയ്യച്ചാ ആ വേണ്ട ഞാൻ സംസാരിച്ചോളാം നീ ഡയു ചെയ്യേ ഹലോ ഹലോ ഞാനാ ദേവരാജൻ നിങ്ങൾ അതെ അലികഡിൽ തന്നെയാ ഉള്ളത് അലിഗഡിൽ നിന്ന് കുറച്ച് ദൂരെ ഏ ആ ഏകദേശം ഒരു അരമണിക്കൂർ വഴി ഉണ്ടാവും ഓ ഞങ്ങൾ ഉടനെത്താം എത്രയും പെട്ടെന്ന് എത്താം ഓ അത് പറയാനാ വിളിച്ചത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യ അതെ എല്ലാം കഴിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് വന്നാ മതി ഓഹോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി നിങ്ങൾ നിന്നാൻ എങ്ങനെയാ ഒന്ന് മാറു ഡോക്ടർ ഒന്ന് നോക്കിക്കോട്ടെ അയ്യോ ഡോക്ടറെ എന്തെങ്കിലും ചെയ്യേ അയ്യോ അയ്യോ വേദന സഹിക്കാൻ പറ്റണില്ല അയ്യോ അമ്മേ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ അതിന് ദൈവത്തോട് നന്ദി പറയ ഡോക്ടർ വരും ഡോക്ടറും ഒരു മനുഷ്യനല്ലേ ഇതിനു വലിയ കേസാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രോളി ഒന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടെ രജനി നോക്ക് രജനി രജനി നീ എന്താ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഒരു കൽപ്രതിമ പോലെ എങ്ങനെയാ പോവാ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതാ ഒരിക്കലും ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല പിന്നെ എങ്ങനെയാ പോവാ മാമി മാമി കാര്യ മാമി മാമി എഴുന്നേൽക്ക് മാമി ഇതാ മാരേജ് പാർട്ടിയല്ലേ ബ്രൈഡ് ഞാൻ പറയും സാരില്ല മനസ്സിന് വല്ലാത്ത ഷോക്ക് തട്ടിയിട്ടുണ്ട് അതിന്റെയാ പേടിക്കണ്ട വെള്ളം കുടിക്കട്ടെ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കൂ ു അപ്പോഴേക്ക് കൊച്ചേടനെ കൊന്നു നിന്ന് എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നേ പങ്കജ് നീന്ത വെള്ളം കൊണ്ടുപോവാ കേട്ടില്ലേ അവര് പറഞ്ഞത് എല്ലാവരുടെയും ശപതാപം നാളെ ഇവിടെ വെച്ച് ഒന്നിച്ച് നടത്തുവന്ന അതിനുശേഷം ഡൽഹിക്ക് പോയിക്കൊള്ള അതല്ലേ അതിന്റെ ഒരു ശരി തെറ്റൊന്നുമില്ല റെയിൽവേക്കാര് പറഞ്ഞത് മറ്റന്നാൾ രാവിലെ ഒരു സ്പെഷ്യൽ വണ്ടി ഡൽഹിക്ക് ഇടുന്നുണ്ടെന്ന് മുറിവ് പറ്റിയവർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം പോവാം നാളത്തെ കൊണ്ട് ിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ തീരും മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നാളെ കിട്ടും പിന്നെ കണ്ടെടുത്ത സാധനങ്ങൾ തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റും ഉണ്ടാവും കടമ്പകൾ ഏറെ ഇണ്ടേ നിന്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചു കൊടുക്കുക ഇനി മോൾ അതൊന്നും ഇടാൻ പാടില്ല ശോഭയെ അതൊക്കെ വാങ്ങിവെക്കുക പിന്നെ ഇന്ന് തൊട്ട് മോൾ ഇത്തരം സാരിയൊന്നും ഉടുക്കരുത് വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാവൂ നെറ്റിയിൽ സിന്തൂരൊന്നും മോളിനെ അനിയാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ സമുദായത്തിന്റെ മാമിക്ക് പറ്റിയത് എന്തിനാ എപ്പോഴും ഒന്നുമില്ല മോളെ മാമി മീനാന്ന് തൊട്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അതിന്റെ ക്ഷീണ ഭക്ഷണം കഴിച്ച ഒക്കെ ശരിയായിക്കോളും ശോഭ അവൾക്ക് എന്തെങ്കിലും അവളെ കൊണ്ട് എന്തെങ്കിലും പിന്നെ എന്റെ കൊച്ചേട്ടനെ കൊന്നിട്ടുന്ന് രാക്ഷസിയായി അവളെ ഞാൻ ഇനിയും തീറ്റിക്കണം അല്ലെ എന്നെ കൊണ്ടൊന്ന് പയ്യും അച്ചൻ മാമിക്ക് ചായ കെട്ടയച്ചിട്ടുണ്ട് ബിസ്കറ്റ് ഉണ്ട് എന്തെങ്കിലും രജനി അച്ഛന്റെ ഫോൺ ഉണ്ടായിരുന്നു അവര് ഡൽഹിയിലേക്ക് വരുന്നുണ്ട് നമ്മളും മറ്റന്നാൾ ഉച്ചക്ക് ശേഷം അവിടെ എത്തും പങ്കജ് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കും നോക്ക് രജനി അച്ഛൻ പറഞ്ഞതാണ് ശരി അതേ ഇനിയൊരു മാർഗമുള്ളൂ സംഭവിച്ചതൊക്കെ വലിയ അനർത്ഥങ്ങൾ തന്നെ പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് ബാക്കി ജീവിതം ജീവിച്ച് തീർത്തല്ലേ പറ്റൂ മോളെ ുട്ടി ആ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാന്ന് കരുതി സമാധാനിക്ക് ആ കുറച്ച് ദിവസോ മാസോ അല്ലെങ്കിൽ വർഷമോ കഴിഞ്ഞാൽ ഈ സങ്കടമൊക്കെ മാറും മോള് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ചുമ പറയരുത്യവ ചെയ്ത് എന്ന പറഞ്ഞല്ലേ നിനക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ എന്നോട് പോവാൻ പറയരുത് എനിക്ക് പോകാനാവില്ല ആ വീട്ടില് ഒരു വേലക്കാരിയായി മാത്രം കണ്ടാവാതി ജീവിതകാലം മുഴുവൻ നിങ്ങളെ സേവിച്ച് ൊന്നുംടക്കില്ല എന്റെ മോളെ അങ്ങനെ ഒരു ജീവിതം എവറസ്റ്റ് പോലെ ഉയരം കൂടിയ ഒരു മലയാണത് എന്നെ കൊണ്ടത് സാധ്യമായെന്ന് വരില്ല രജനി അച്ഛൻ പറയുന്നത് കേൾക്കൂ നീ ഒരു കൊച്ചു കുട്ടിയാണ് അറിവില്ലായ്മ ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ ലോകസാധാരണമാണ് കുട്ടി നമുക്ക് വരുമ്പോ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും വലിയ കാര്യം നിന്റെ ജീവിതം നശിപ്പിക്കരുത് അച്ഛനും ഏട്ടനും പറയുന്നത് അനുസരിച്ചു നിന്റെ വീട്ടുകാരും ഇത് തന്നെ പറയൂ ഭർത്താവിന്റെ വീട്ടിലാ ഞാൻ ആദ്യം എന്റെ ഭർത്താവിന്റെ വീട്ടിൽ എന്നെ ആദ്യം അങ്ങോട്ടൊന്ന് കൊണ്ടുപോകും അതിനുശേഷം നമുക്ക് ആലോചിച്ച പോരെ ോട്ടെ എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്വന്തം വീട്ടിൽ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ വാർത്തകൾ തുടരുന്നു ഇന്നലെ അലിഗഡിനടുത്തു വച്ച് നടന്ന ബ്രഹ്മപുത്രാമയിൽ തീവണ്ടി അപകടത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ അലഹബാദിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന വിവാഹ പാർട്ടിയിൽപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്തിയാറായി ഉയർന്നു നവവരനും ഡൽഹി ഡിഫൻസ് കോളനി നിവാസിയുമായ കമൽ സേട്ടിക്കും അതിദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ നവവധുവായ ശ്രീമതി രജനി ഒരു പോറിൽ പോലും മേൽക്കാതെ അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു വിവാഹിതയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിധവയാകേണ്ടി വന്ന ശ്രീമതി രജനി അച്ഛനമ്മമാരോടൊത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുകയും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് വാശി ചെയ്തു ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം ഇക്കാര്യം പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു രജനിയുടെ ഈ ധീരമായ തീരുമാനത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളുമെല്ലാം വാഴ്ത്തുകയാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും അഭിനന്ദന आदे आदे hmm. ും പട്ടുസാരിയും സ്വർണാഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് കടന്നു വരേണ്ട പെണ്ണ് കയറി വരുന്നത് കണ്ടില്ലേ വെള്ളസാരിയൊക്കെ കൊടുത്തു എന്റെ ദേവി വല്ലാത്തൊരു വിധി ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു വിധി കൊടുക്കരുതേ ആ കുട്ടിയുടെ ഭാവി ഇനി എന്താവും എന്താവാൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും അച്ഛനമ്മമാരുടെ കൂടെ വേറെ എന്തു ചെയ്യാൻ പിന്നല്ലാതെ അവളുടെ അച്ഛനമ്മമാരെത്തിനാ കേട്ടത് അല്ലാതെ എന്ത് ചെയ്യാനാ ഇത് കുട്ടിക്കളിയാ അവരുടെ മകള് അവർക്കുണ്ടാവില്ലേ ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈശ്വരാ എന്നാലും വല്ലാത്തൊരു ശിക്ഷയാണ് ദൈവം സേഠിയുടെ വീട്ടുകാർക്ക് കൊടുത്തത് വിധി എന്ന് പറഞ്ഞാ പോരാ വല്ലാത്തൊരു വിധി ഇവർക്ക് മാത്രാണോ ആ പെണ്ണിന്റെ കുടുംബത്തിനോ ഇതാണ് പണ്ടുള്ളോലു പറയല് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല തലവിധി വായിച്ചാ പോവില്ല കൂട്ടരെ അതാ വരുന്നുണ്ട് പാവം കണ്ടില്ല അതിന്റെ ഒരു കോലം എവിടെ എന്റെ അമ്മ എവിടെ അമ്മ ആ എവിടെ അവള്പെട്ടോട് അച്ഛൻ്റെ കാറിലായിരുന്നു അതാ വല്യേട്ട് നടക്ക് അമ്മയുടെ പൊന്നു വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല ഇങ്ങോട്ട് വന്നത് ഒന്നിനും ഒന്നും തിന്നില്ലേ രാക്ഷസി പിന്നെ ആരെ കൊണ്ടോ അങ്ങനെ പറയില്ല എന്റെ കാലിട ി മുന്നോട്ട് വെക്കരുത് നിന്റെ തന്തയും എത്തിയിട്ടുണ്ട് അവരുടെ കൂടെ സ്ഥലം ഇട്ടോണം അതൊന്നും എനിക്കറിയണ്ട നിന്റെ തന്തയോട് ചോദിക്കേതൊക്കെ ഒരാളും രജനിയോട് ഇനി ഒരു അക്ഷരം അവളെ വേദനിപ്പിക്കരുത് കേട്ടില്ലേ എന്താ സങ്കടം നീക്കുവാത്രേ ഉള്ളൂ അവളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു തീരുമാനം അച്ഛന്റെ അമ്മയുടെയും സ്വത്തല്ലേ അവര് താലോലിച്ച് വളർത്തിയ പൊന്മുത്തല്ലേ ഇവള് പങ്കജ് നീരജനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ മക്കളെ അത് കലക്കെ മൂപ്പർക്ക് ഇത്ര ഒച്ച എടുക്കാനാവുന്ന ഇപ്പോഴാണ് കണ്ടത് ബെസ്റ്റ് ആയ്മനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതമ്മയാടോ സഹിക്കുക മനസ്സിന്റെ സമ്മതൽ തെറ്റിയാൽ ആരും അതൊക്കെ പറഞ്ഞു പോകും അല്ല അതും ശരിയാണ് ആദ്യമായിട്ട് വീട്ടിൽ വരുന്നൊരു കല്യാണപ്പെണ് നു വെള്ളസാരി എടുത്ത് സ്വർണ്ണ ഇടാതെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ഈശ്വരാ ഞാനും പങ്കജ് മോനെ അസ്ഥി ഒഴുക്കാൻ നാളെ തന്നെ ഹരിദ്വാറിൽ പോകണം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം ശരിയച്ച ഹാ എല്ലാവരോടുമായിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ പേപ്പറിലും ടി വിയിലും റേഡിയോയിലുമൊക്കെ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും പറയാണ് വണ്ടി നല്ല സ്പീഡിലായിരുന്നു പെട്ടെന്നാണ് ഭയങ്കര ശബ്ദവും ആകെ തകിടം മറിയലും സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു ചിരിച്ച് കളിച്ച് ഉറങ്ങാൻ കിടന്നവർ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞിരുന്നവർ കരുതിയോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നു മുകളിൽ ഒരാളിരുന്ന് നിയത്തിരിക്കുന്നു ആയിസു അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു അക്കൂട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ട ചിലരെയും പലർക്കും പലതും നഷ്ടപ്പെട്ടു എനിക്ക് പങ്കജിനും ശോഭയ്ക്കും അവരുടെ സഹോദരൻ സങ്കടവും വ്യസനവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അത് കുറെ കാലം നീണ്ടു നിൽക്കും പിന്നെ വതുക്കെ വതുക്കെ അതിന്റെ തീവ്രത കുറയും മാഞ്ഞു പോകും പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയോ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ഭർത്താവിന് മണിക്കൂറുകൾ മാത്രം നിലനിന്ന ഒരു ബന്ധം തുടങ്ങുമ്പോഴേക്കും തകർന്നുപോയ ഒരു സ്വപ്നം ജീവിതകാലം മുഴുവൻ അവളിനി തനിച്ചാണ് നമ്മൾ ആര് വിചാരിച്ചാലും അവൾക്ക് അവളുടെ ജീവിതം ഇനി തിരിച്ചു കൊടുക്കാനാവില്ല സങ്കടവും കാര്യം മറന്നു രജനിക്ക് സംഭവിച്ചത് വളരെ വളരെ വലിയ നഷ്ടമാണ് അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമായിരുന്നു പക്ഷേ അവളത് ചെയ്തില്ല എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് കടന്നു വരാനുള്ള തീരുമാനമെടുത്തത് അച്ഛൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റായൊന്നും കരുതരുത് നാളെ െങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഞാനാണ് തെറ്റുകൾ എനിക്ക് മാപ്പ് തരണം അറിയാതെ അപ്പോഴത്തെ സങ്കടത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ആ പാവം കുട്ടിയെ വല്ലാതെ സങ്കടപ്പെടുത്തി എവിടെ അവൾ എനിക്കെന്നെ കുട്ടിയോട് മാപ്പ് പറയണം ചേരിക്കും മാപ്പ് പറയണം ചേച്ചിയോട് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചു ആ പാപത്തിന്റെ സങ്കടം ഞാൻ കണ്ടില്ല അവളെക്കുറിച്ച് ചിന്തിച്ചില്ല ബുദ്ധിയും ബോധവും നശിച്ചവളെ പോലെ പെരുമാറി എനിക്ക് മാപ്പ് തന്ന ശോഭ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ചേച്ചി ഇവിടെ ഇരിക്കേ ചേച്ചി മോളെ ഞാൻ കാണിച്ച നെറിയേടിനെ മോളെനിക്ക് മാപ്പ് തരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാൻ മാപ്പ് ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ഇന്ന് തൊട്ട് നീ ഈ വീട്ടിൽ എന്റെ മകളായിട്ട് തന്നെ കഴിയുന്നു മരുമകളായിട്ടല്ലേ ചേച്ചി ചേച്ചി എന്നോട് ചേച്ചി ക്ഷമിക്കണം ജന പങ്കജ് എന്താച്ചാ എല്ലാരോടും പറഞ്ഞില്ലേ നാളത്തെ കാര്യം ഹരിദ്വാറിൽ പോകുന്ന കാര്യമല്ലേ പറഞ്ഞു എത്ര പേരുണ്ടാവുമെന്ന് നോക്കട്ടെ എന്നിട്ട് വേണം വണ്ടികളെ ഏർപ്പാടാക്കാൻ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ ഇനി നിങ്ങളെല്ലാവരും ഇരുന്നോളൂ എവിടെ അസ്ഥി ആ ആ ഇനി ആ കുടത്തിൻ്റെ വായ കെട്ടിയ പട്ടങ്ങോട്ട് അയച്ചോളൂ ഇനി കുടം ആ മണലിൽ നേരെ വെക്കുക ഇനി നമ്മൾ കുടത്തിലേക്കാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ ശരി പരേതാത്മാവിൻ്റെ പേരും നാളും ഒക്കെ മനസ്സിൽ നന്നായിട്ട് സങ്കല്പിക്കണം എനിയാക്കിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കഴിക്കുന്നു ചേച്ചി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞില്ലേ വന്നിട്ട് കൊറേ ദിവസമായി ഞങ്ങൾ ഇനി തിരിച്ചു പോയിക്കോട്ടെ രജനിക്കതൊരു സഹായമാവും അവളുടെ മനസ്സൊന്ന് തണുക്കും എന്നായാലും തിരിച്ചു പോകേണ്ടതല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റി കിടക്കുക പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളും അവരോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ അതൊക്കെ ശെരിയാണ് എന്നാലും അവൾക്കൊരു സഹായത്തിന് ഇവളെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോയാലോന്ന് ആലോചിക്കുക ഞാൻ വരില്ല ഞാൻ പറയട്ടെ മോളെ എന്താന്ന് വെച്ചാൽ അമ്മയൊന്നും പറയണ്ട ഞാൻ പറയാം കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനെയും ചെക്കനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന മധുരം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അത് നടത്തേണ്ടതാണ് എന്റെ കൂടെ ഇല്ല പിന്നെ ഞാൻ വരും ഇനി വീട്ടിൽ നിന്ന് ഇനി പോകുന്നത് മരിച്ചു കഴിഞ്ഞ് ചിതയിലേക്ക് എടുക്കുമ്പോ ശബിക്കരുത് അച്ഛനും അമ്മയും എനിക്ക് മാപ്പ് തരണം നാട്ടില് എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണംവേഷണങ്ങൾ എന്റെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എല്ലാം ഇഷ്ടം എന്റെ പോളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കണം എന്നാലും സമ്മതിക്കണം ആ പെൺകുട്ടിയെ ആരാ ചേച്ചി ഇവിടെ സുഷമയുടെ മരുമോളെ എന്താ ഒരു തൻ്റെ നല്ല കഴിവും നല്ല ബുദ്ധിയും നല്ല സാമർഥ്യം ശരി ചേച്ചി സുഷമേനെ ശോഭേനെയൊക്കെ പറ്റി പറയുമ്പം നാല് അത്ര സ്നേഹ മൊത്തം കുടുംബം തന്നെ ഇപ്പം അവളാ നിയന്ത്രണം ആരും അവളോട് എതിർത്ത ഒരക്ഷരം പറയില്ല ആർക്കും പരാതി പറയാൻ അവളോട്ട് അവസരവും ഉണ്ടാക്കില്ല ഭർത്താവ് മരിച്ചിട്ടൊരു കൊല്ലം കഴിഞ്ഞില്ലേ ജീവിതത്തിൽ എന്ത് സുഖ അതിര് കിട്ടിയത് പാവം സുന്ദരി കുട്ടി ഇപ്പോ ഈശ്വര ഭജനോ ആയൊരു പോലെ ജീവിക്കുക ശരിയാ അമ്മായിയമ്മയും അച്ഛനുമാണെങ്കിലോ സ്വന്തം മോളെ പോലെയാ അവളെ നോക്കുന്നത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ അവര് സമ്മതിക്കില്ല പങ്കജിന്റെ രണ്ട് കുട്ടികൾക്കും എന്തിനും മാമി മതി ശരി അത് മാമി മാമിയെന്നും വിളിച്ച് എപ്പോഴും പിന്നാലെ നടക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നാലോ ലോക വിവരങ്ങളൊക്കെ ഉണ്ട് എല്ലാം ജോലി അറിയാം ചെയ്യാനോട്ട് മടിയില്ല മിടുക്കി ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ കണ്ണി കാണാൻ കിട്ടില്ല ശോഭ നാള് പറയാ ഇപ്പൊ അവള് ബിസിനസ് കാര്യങ്ങൾ വരെ സഹായിക്കുന്നുണ്ട് അത്രേ ഇങ്ങക്ക് കേക്കണോ ആറുമാസം കഴിഞ്ഞ ശോഭയുടെ കല്യാണാ നേ ഞാൻ പറയുന്നത് അവൾക്കും കൂടി നല്ല പയ്യനെ കണ്ടുപിടിച്ച് പറഞ്ഞു വിടണോ അത് ശരിയാ അതിനു വേണ്ടേ ഒരു ജീവിതം നല്ലത് അത് തീരുമാനിക്കേണ്ട നമ്മളല്ലല്ലോ എന്നാലേ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണത്തിന്റെ കാര്യം ചിന്തിക്ക ചപ്പാത്തി വേണോ അതോ കഞ്ഞി വേണോന്ന് എന്താ െ പിടിച്ചിട്ട് തന്നെ കാര്യം ചേച്ചി ഇതാ വിടിയാ ഞാനിതാ ഇവിടെ മുറ്റത്തുണ്ട് എന്താ പ്രശ്നം കണ്ടോ ചേച്ചി എന്റെ ലഹങ്ക കാണിച്ചു വെച്ചിരിക്കുന്നേ അളവെടുത്ത് തയ്ച്ചതാ ഇതിപ്പോ തലയണക്ക് കവറിട്ടമാതി ചേച്ചി അറിയാലോ നമുക്ക് കൊറേ ഷോപ്പിംഗ് ഉണ്ട് ചെയ്യാൻ ചേച്ചി വേറെ ഒരു കാര്യം നോക്കണ്ട എന്റെ കൂടെ തന്നെ വേണം എനിക്ക് വേറെ ആരും വിശ്വാസം ഇല്ല അതുകൊണ്ടാ ഉം ഉം എനിക്കറിയാൻ മേടി ഒക്കെ നടക്കും പേടിക്കണ്ടട്ടോ ഞാനുണ്ടാവും നിന്റെ കൂടെ പോരെ ഇട്ടു നോക്കിക്കെ ഇങ്ങനെ ഒരു ചേച്ചി ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിനാ പേടിക്കുന്നത് ചേച്ചിക്ക് സോപ്പിട്ടോ ചെരുപ്പ് മാറിപ്പോടം വല്യ പപ്പടം നിങ്ങൾ നോക്കിയ വല്യ പപ്പടം നമ്മൾ ഏടെ ലൈറ്റൽ ഏടെ വന്നാൽ ഒരു ചെരിപ്പ് പൊക്കി എടുത്തോണ്ട് പോവേ ഒടച്ചോ നിങ്ങൾ നോക്കിയ മോളെ എന്റെ ചരിപ്പ് കണ്ടുക എന്താ ഇത്ര താമസം കാത്തു നിൽക്കുന്നു ശോഭെ എന്റെ കമല പിടിക്കണേ എനിക്ക് അയ്യേ എന്റെ അനുഗ്രഹം ും ചേച്ചിയും ചേച്ചി ചേച്ചി എനിക്ക് മറക്കാൻ പറ്റുമോ മറക്കലുമില്ല അയ്യേ കണ്ണു തുടക്കി ശോഭ ചേച്ചിയുടെ കുട്ടിയല്ലേ ചേച്ചിയോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം ഞാൻ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഞാനും എന്റെ പൊങ്ങനത്തിനക്ക് നല്ലതേ വരുത്തും ഉമ്മ നടക്കുമോളെ मोले एंदा वा मोला അതെ എന്താച്ചപ്പോ ശോഭയുടെയും കല്യാണം കഴിഞ്ഞല്ലോ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നേ അതായത് പങ്കജും നീരജയും പറഞ്ഞ് ചില കാര്യങ്ങള് അപ്പ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചപ്പം എന്താ പറയൂ ഞാൻ പറയാ അതായത് ഞങ്ങൾ ഇതിന്റെ അച്ഛനോടും പറഞ്ഞിരുന്നു അല്ല അഭിപ്രായം ചോദിച്ചിരുന്നു അവർക്കും സമ്മതം എന്താ എന്താ ഞങ്ങളൊക്കെ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമോളെ എന്ത് കാര്യ നിന്റെ ജീവിതകാലം മുഴുവൻ ബാക്കി കിടക്കാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം എന്ന് പറഞ്ഞാ അച്ഛ അമ്മേ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതായിരിക്കും ഞാനിനി പുറത്തു പോകുന്നത് കൊറേ ആളുകൾ ചുമന്നായിരിക്കും അയ്യോ ആ തീരുമാനത്തിന് ഇനി മാറ്റൂല്ല ദയവ് ചെയ്ത് എന്നോടൊരിക്കലും ഇനി കാര്യം പറയരുത് എന്നോടൊരല്പം സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ പോയത് അമ്പത് വർഷം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു നിർമ്മലക്കന്ന് കൊച്ചു പെണ് അവളവിയായി ഞാൻ പറഞ്ഞിട്ടാണ് അവളെ രാജസ്ഥാനിലെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചത് പക്ഷേ പടുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നവൾക്ക് കല്യാണമേ വേണ്ടെന്ന വാശി കല്യേട്ടനും പറഞ്ഞത് പ്രകാരം ഞാനും കൊറേ നിർബന്ധിച്ചു നോക്കി അവൾക്ക് മാമിയെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല അത്രേ ഒരേ വാശി പൊട്ടിപ്പിണ് പാപ്പയും മമ്മിയും ഒരു കാര്യം വ്യക്തമായി കേട്ടോളൂ ഞാനെന്നല്ല ഈ വീട്ടിലെ ഒരാളും മാമിയുടെ വാക്കിന് വില കൽപ്പിക്കാതിരുന്നിട്ടില്ല ഒരിക്കലും പക്ഷേ ഈ കാര്യം അത് മാത്രം ഈ ജന്മത്ത് നടക്കില്ല അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാണ് നിന്റെ ഭാവം ഞാൻ എന്റെ മാമിയുടെ കൂടെ താമസിക്കും കല്യാണക്കാര്യത്തിൽ ആരും എന്നെ നിർബന്ധിക്കും ഞാൻ സമ്മതിക്കില്ല ഈ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം മാമിയുൾപ്പെടെ മാമിയോടും ഞാൻ അനുസരണക്കേടാണ് കാട്ടിയത് എടി പൊട്ടിപ്പെണ്ണേ നിന്ന് ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചില്ലെങ്കിലോ മാമി എന്റെ കൂടെ താമസിപ്പിച്ചാലില്ലെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ത് ഞാൻ മാമിയുടെ തന്നെ കഴിയുന്നു അതിന് എനിക്ക് എന്തിനാ മാമി ഒരു സമ്മതപത്രം അന്ന് കാണട്ടെ മാമി എങ്ങനെയാ എന്നെ ഓടിച്ചു വിടുന്നതെന്ന് എന്റെ പൊന്റുമോളെ മാമിക്കതിനെ കഴിയും ോറ്റേ അയ്യോ വയ്യേട്ടാ എന്നെ കാണാൻ എങ്ങനെ ഇണ്ട് അത്ര ഭംഗി തോന്നുന്നുണ്ടോ ചുണി മുടിയൊക്കെ നരച്ച് കഴിഞ്ഞ അമ്പത് കൊല്ലായി സിന്തൂരം തൊടാറില്ല പക്ഷേ ഇത്രേ കാലം ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ടുനടന്നു ഓരോ ശ്വാസത്തിലും ഞാൻ എൻ്റെ ഏട്ടനെ ഓർമ്മിച്ചു പിന്നെ എന്റെ സിന്ധൂരക്കുറി അതല്പേരണിഞ്ഞാലും ജീവിതകാലം മുഴുവൻ അണിഞ്ഞാലും എനിക്കത് മതി മിസ്റ്റർ കമൽ സേട്ടി എനിക്ക് വയ്യായി ോട്ടേക്കൊന്ന് പിടിക്കൂട്ടെടുത്ത് വെള്ളം കൊണ്ടുവരൂ മാമി കണ്ണി എന്തിനാ ഇങ്ങനെ കൂട്ടണത് എനിക്ക് ഒന്നും പറ്റിട്ടില്ല സമയം ഇപ്പൊ നിമ്മിയേ മാമ അലമാറിയിലൊരു ചുവന്ന പെട്ടിണ്ട് മോളിനെ തട്ടിലുണ്ടാവും ഒന്ന് എടുത്തോണ്ട് വാമി ഇ കൊണ്ടുവാമന്റെ ഫോട്ടോയല്ലേ നോക്കൂ ജീവിതത്തില് രണ്ടാമത്തെ തവണയാ ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത് അമ്പത് വർഷം ഞാൻ നീണ്ട കാലാവധിയല്ലേ എന്നോട് ക്ഷമിക്കില്ലേ അമ്മാതിന്റെ അടുത്തേക്ക് ഓട്ടീല് സിദ്ധൂര എനിക്ക് അണിയിച്ചു തരില്ലേട്ടാ കൈ കൊണ്ട് രജനിന്നില്ലേ രജനി മാഞ്ഞു പോയ സിന്ദൂരം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു മൂല ഹിന്ദി കഥ പ്രഭാത് സിംഗ് പാലി റേഡിയോ നാടകരൂപം വിനോദ് കുമാർ മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രജനി നീരജ ജോൺ ദേവരാജ് രാജഗോപാലൻ കാരപ്പറ്റ സുഷമ ഉഷ നാരായണൻ രജനയുടെ അച്ഛൻ അബ്ദുള്ള നന്മണ്ട രജനയുടെ അമ്മ പി വിജയലക്ഷ്മി കമൽ ഇ കെ ശീതൽ ു വെള്ളന്നൂർ ശോഭ അഞ്ജു എസ് പ്രായമായ ശോഭ എം സി പ്രേമകുമാരി കുട്ടിയായ നിർമ്മല ഇൻഷ സിയ പ്രായമായ നിർമ്മല കാഞ്ചന മഠത്തിൽ പൂജാരി ശ്രീപ്രസാദ് തൃക്കുറ്റിശ്ശേരി നീരജ ശ്രീവല്ലി ഗണേഷ് മറ്റു ശബ്ദങ്ങൾ ബി വിനോദ് കെ ടോമി നന്ദനൻ കക്കഞ്ചേരി ടി പുരുഷു ഫഹദ് റാസ മാത്യു ജോസഫ് സത്യനാഥ് രാമനാട്ടുകര സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട്